മർത്തിന് ഭൂമിയിൽ യുദ്ധസേവയില്ലയോ അവന്റെ ജീവകാലം കൂലിക്കാരന്റെ ജീവകാലം പോലെ തന്നെ വേലക്കാരൻ നിഴൽ വാഞ്ചിക്കുന്നത് പോലെയും കൂലിക്കാരൻ കൂലിക്ക് കാത്തിരിക്കുന്നത് പോലെയും എനിക്ക് അവകാശമായി വന്നു കഷ്ടരാത്രികൾ എനിക്ക് ഓഹരിയായിത്തീർന്നു കിടക്കുന്നേരം ഞാൻ എപ്പോൾ എഴുന്നേൽക്കും എന്ന് പറയുന്നു രാത്രിയോ ദീർഘിച്ചുകൊണ്ടിരിക്കുന്നു വെളുക്കുവോളം എനിക്ക് ഉരുളുക തന്നെ പണി എന്റെ ദേഹം പുഴുവും മൺകട്ടയും ഉടുത്തിരിക്കുന്നു എന്റെ തൊക്കിൽ പുൺവായ്ക്കൾ അടഞ്ഞ് വീണ്ടും പഴുത്തുപൊട്ടുന്നു എന്റെ നാളുകൾ നെയ്ത്തോടത്തിലും വേഗതയുള്ളത് പ്രത്യാശ കൂടാതെ അവ കഴിഞ്ഞു പോകുന്നു ജീവൻ ഒരു ശ്വാസം മാത്രം എന്നോർക്കണമേ എന്റെ കണ്ണ് ഇനി നന്മയെ കാണുകയില്ല എന്നെ കാണുന്നവന്റെ കണ്ണ് ഇനി എന്നെ കാണുകയില്ല നിന്റെ കണ്ണ് എന്നെ നോക്കും ഞാനോ ഇല്ലാതിരിക്കും മേഘം ക്ഷയിച്ച് മാഞ്ഞുപോകുന്നതുപോലെ പാതാളത്തിൽ ഇറങ്ങുന്നവൻ വീണ്ടും കയറി അവൻ തന്റെ വീട്ടിലേക്ക് മടങ്ങുവരികയില്ല അവന്റെ ഇടം ഇനി അവനെ റിയുകയുമില്ല ആകയാൽ ഞാൻ എന്റെ വായടയ്ക്കയില്ല എന്റെ മനപ്പീഠയിൽ ഞാൻ സംസാരിക്കും എന്റെ മനോവ്യസനത്തിൽ ഞാൻ സങ്കടം പറയും നീ എനിക്ക് കാവലാക്കേണ്ടതിന് ഞാൻ കടലോ കടലാനയോ ആകുന്നുവോ എന്റെ കട്ടിൽ എന്നെ ആശ്വസിപ്പിക്കും എന്റെ മെത്ത എന്റെ വ്യസനം എന്ന് ഞാൻ പറഞ്ഞാൽ നീ സ്വപ്നം കൊണ്ട് എന്നെ അരട്ടുന്നു ദർശനം കൊണ്ട് എന്നെ ഭയപ്പെടുത്തുന്നു ആകയാൽ ഞാൻ ഞെക്കിക്കുലയും ഈ അസ്ഥി കൂടത്തേക്കാൾ മരണവും തിരഞ്ഞെടുത്തിരിക്കുന്നു ഞാൻ അഴിഞ്ഞിരിക്കുന്നു എന്നേക്കും ജീവിച്ചിരിക്കുകയില്ല എന്നെ വിടയണമേ എന്റെ ജീവകാലം ഒരു ശ്വാസം മാത്രമല്ലോ മർത്തിനെ നീ ഗണ്യമാക്കേണ്ടതിനും അവന്റെ മേൽ ദൃഷ്ടിവെക്കേണ്ടതിനും അവനെ രാവിലെ തോറും സന്ദർശിച്ച് മാത്രോറും പരീക്ഷിക്കേണ്ടതിനും അവനെന്തുള്ളൂ നീ എത്രത്തോളം നിന്റെ നോട്ടം എങ്കിൽ നിന്ന് മാറ്റാതിരിക്കും ഞാൻ ഉമിനീർ ഇറക്കുവോളം എന്നെ വിടാതെയുമിരിക്കും ഞാൻ പാപം ചെയ്തുവെങ്കിൽ മനുഷ്യപാലകനെ ഞാൻ നിനക്കെന്തു ചെയ്യുന്നു ഞാൻ എനിക്ക് തന്നെ ഭാരമായിരിക്കത്തക്കവണ്ണം നീ എന്നെ നിനക്ക് ലക്ഷ്യമായി വച്ചിരിക്കുന്നത് എന്ത് എന്റെ അതിക്രമം നീ ക്ഷമിക്കാതെയും അകൃത്യം മോചിക്കാതെയും ഇരിക്കുന്നതെന്ത് ഇപ്പോൾ ഞാൻ പൊടിയിൽ കിടക്കും നീ എന്നെ അന്വേഷിച്ചാൽ ഞാൻ ഇല്ലാതിരിക്കും